സ്മൃതിരൂപർത്ഥം സ്മൃതി പോലെ ഇരിക്കുന്ന സ്മൃതിയല്ല മറ്റും സർപ്പത്തിന്റെ അനുഭവം ണോ സ്മൃതി പോലെയിരിക്കും പരത്ര ബ്രഹ്മത്തിൽ പൂർവ്വദിഷ്ഠ പൂർവ്വകൽപ്പത്തിലുള്ള ആ പ്രപഞ്ചത്തിൻ്റെ അനുഭവം അല്ലെങ്കിൽ പരത്ര ബ്രഹ്മത്തിൽ തന്നെ പൂർവ്വദിഷ്ഠ പൂർവ്വജന്മത്തിലുള്ള ശരീരാദികളുടെ അവഭാസം അനുഭവം അങ്ങനെ വന്നവിടെ അന്യോന്യദോഷമില്ല ഇതിങ്ങനെ തുടർന്ന് വരുന്നതാണ് എന്നൊക്കെ മുമ്പ് വ്യാഖ്യാനിച്ചതാണ് ഇപ്പൊ ഇതിന്റെ വ്യത്യാസ എന്ന് പറഞ്ഞാൽ ഈ ലക്ഷണത്തിന്റെ സംക്ഷേപിധാനം സംക്ഷേപം ചുരുങ്ങിയ അഭിധാനം പറയുക പറച്ചൽ ചുരുങ്ങിയ ലക്ഷണമാണ് ഏതത് ഈ പറഞ്ഞത് ഏത് അധ്യാസോ നാമ അതസ്മിൻ തസ് എന്ന് പറഞ്ഞ ലക്ഷണത്തിന്റെ സംക്ഷേപിധാനമാണ് ചുരുക്കി പറച്ചിലാണ് ബുദ്ധിരി വോചാമ തകലേഷു സകലേഷഹമേ വികല സകലോ വേദി ബാഹ്യധർമാത്മനൃദ്ധിസ്യ താഥർമാൻ സ്ഥൂലോഹം പുരസോഹം ഗുരോഹം തിഷ്ട്രാ ലാ ചേരി തധാ ഇന്ദ്രിധർമാൻ മൂക്കി ബജോഹമില്ല തധകർമാൻ കാമസ വിചിക്സ അധ്യവസായം അഹംഭരം അശേഷസ്വാരസാക്ഷി പ്രത്യേകാത്മനെ അധ്യസ്ടം പ്രത്യേകാത്മാനം സർവസാക്ഷണം തദ്ദേശ അന്ധകർണിഷു സഹിതം വിശദീകരിക്കുന്നു അതിന് വിശദീകരിക്കുന്നു പറയുന്നത് എന്താണ് പുത്ര ഭാര്യാദിഷു വിഖലേഷു സകലേഷു അതിന് അമുഖമായി പറയണ താത് അധ്യാസമാത്രം കാലം സാക്ഷാത് അശേഷ സംസാരകാരണം ഉദാഹരണപ്രപഞ്ചന പുത്രകാര്യ ആ ദൃശ്യത്തിൽ രണ്ടായിട്ട് തിരിക്കേണ ഒന്ന് ധർമ്മി അധ്യാസം മറ്റൊന്ന് ധർമ്മ അധ്യാസം ധർമ്മി അധ്യാസം എന്ന് പറഞ്ഞാൽ ആത്മാവും അനാത്മാവും തമ്മിലുള്ള അധ്യാസം ഇത് രണ്ടും ധർമ്മികളാണ് ധർമ്മി എന്ന് പറഞ്ഞാൽ എന്താർത്ഥം ധർമ്മം ഉള്ളത് ആത്മാവും അനാത്മാവും തമ്മിലുള്ള അധ്യാസം ധർമ്മി ഇനി ധർമ്മ എന്ന് പറഞ്ഞാൽ ആത്മാവിന്റെ ധർമ്മങ്ങളും ർമ്മങ്ങളും തമ്മിലുള്ള അധ്യാസം അധ്യാസത്തിൽ ആത്മാവിനെ അനാത്മാവിൽ അധ്യസിക്കുന്നു അനാത്മാവിനെ ആത്മാവിൽ അധ്യസിക്കുന്നു അന്യോന്യത്യാസം ആത്മാവിനെ അനാത്മാവായ ശരീരത്തിൽ ആരോപിക്കുന്നു അനാത്മാവായ ശരീരത്തെ ആത്മാവിൽ ആരോപിക്കുന്നു ധർമ്മി അധ്യാസം ധർമ്മധ്യാസം എന്ന് പറഞ്ഞാൽ ആത്മധർമ്മമായിരിക്കുന്ന ചൈതന്യാദികളെ ബാക്കി എല്ലാത്തിലും അധ്യസിക്കുന്നു ശരീരം ഇന്ദ്രിയം അന്തൊക്കെ ഇതിലെല്ലാം ഇതിനെ തിരിച്ച് ശരീര ഇന്ദ്രിയാദികളുടെ ധർമ്മങ്ങളെ അതെന്തൊക്കെയാണെന്ന് വിശദീകരിക്കും അതിനെല്ലാം ആത്മാവിലും അധ്യസിക്കുന്നു അപ്പൊ ധർമ്മി അധ്യാസപൂർവക ധർമാധ്യാസമാണ് പക്ഷെ ധർമ്മികൾ തമ്മിൽ അധ്യാസം വന്നു കഴിഞ്ഞാൽ തുടർന്ന് ധർമാധ്യാസം എന്ന് പറഞ്ഞ ആത്മാവും അനാത്മാവും തമ്മിൽ അധ്യാസം വന്നു കഴിഞ്ഞാൽ പിന്നീട് അവയുടെ ധർമ്മങ്ങൾ പരസ്പരം അധ്യസാദ്യം സംഭവിക്കുന്ന അധ്യാസമാണ് അത് പൊടിയൊരു ഭൂവിൽ അസംഖ്യം പൊടിക്കപ്പെടുന്നൊരു ഭൂ ഇതിനില്ല പിന്നെ ഭാവം പിന്നെ ജഡം അമരുന്നതുപോലെ ചിത്തിലും ചിത്തടലിലും അതിൽ ഓർക്ക ചിത്തിലും ചിത്തുടലിലും അമരുന്നു അതാണ് അധ്യാസം ാണ് ചിത്തും ഉടലും പരസ്പരം അമരുക എന്ന് വെച്ചാൽ താതാത്മ്യപ്പെടുക അതാണ് ധർമ്മം അറിവില് ഇതെന്നൊരു അഹന്ത ആദ്യമുണ്ടായവരും അതിനോടൊരിദന്താമയായും ഇതൊക്കെ അധ്യാസത്തെ കുറിച്ച് പറയാണ് അഹന്തയും ഇതന്തയും തമ്മിൽ വരുന്ന താതാത്മ്യം ഇവിടെയൊക്കെ അധ്യാസമാണ് അദ്വൈതിയുടെ അഭിപ്രായത്തിൽ ഇപ്പൊ ഇവിടെ നിയമം ഇതാണ് ധർമ്മി അധ്യാസപൂർവക ധർമാധ്യാസ എന്ന് വെച്ചാൽ ധർമ്മീയ അധ്യാസം വന്നിട്ടാണ് ധർമ്മധ്യാസം വരേണ്ടത് ആത്മാഅ അനാത്മാക്കളുടെ അധ്യാസം വന്നതിനു ശേഷമാണ് ഇവിടെ ധർമ്മങ്ങൾക്ക് പരസ്പരം സാധാരണ വരേണ്ടത് അങ്ങനെയാണെങ്കിൽ ആദ്യം എന്തിനെ കുറിച്ച് പറയണം കുറിച്ച് പറയണം പക്ഷെ ഇവിടെ അതല്ല പറയുന്നത് ധർമാധ്യാസത്തെ കുറിച്ചാണ് ധർമ്മി അധ്യാസെ കുറിച്ചല്ല പറയുന്നത് ഉദാഹരണത്തിൽ അതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് തത്ര അഹമിദി അഹം എന്നുള്ള ധർമ്മി താതാത്മി അധ്യാസ മാത്രം നാനത്തെ ഹേതു എന്നുള്ളതിനോട് അന്വയിക്കുന്നു അഹം എന്ന് പറയുന്ന ധർമ്മി താതാത്മ്യ അധ്യാസം മാത്രം ധർമ്മി താതാത്മ്യ അധ്യാസം മാത്രം കേവല ധർമ്മി താതാത്മ്യ അനാത്മാവും തമ്മിലുള്ള അധ്യാസം ഈ അധ്യാസം നമ്മുടെ അനുഭവത്തിൽ വരുന്നത് എങ്ങനെയാണ് എങ്ങനെയാ വരുന്നു അഹം അഹമെന്ന് വന്നുകഴിഞ്ഞ പിന്നെ അത് ശരീരം തന്നെയാണ് സാറിന് എല്ലാരും ഞാനെന്നറിയുന്ന എങ്ങനെ ശരീരത്തേ ഇവിടെ ശങ്കരാചാര്യ പറയുന്നത് ഞാൻ നമുക്കൊരു അനുഭവം ഉണ്ടാവുമ്പോ ഈ ഞാനെന്ന് പറയുന്ന അനുഭവം എന്താണ് എല്ലാരും എന്ത് പറയും ഞാൻ എന്ന് പറയുന്ന ഈ അനുഭവത്തെ എല്ലാരും എന്താ പറയും iph людей ¿łęyi quién va at salah Allah forty? 瓦Хooo 埃山啊 阿n booster miserable health you think 二丁别 resource 虹 전� Aí olhar cad Yaz correctly ഴി വരട്ട ൊരു അറിവാണ് അഹം ഞാൻ പലതരത്തിലുള്ള അറിവുണ്ടാകും അതിനൊരറിവാണ് ഞാൻ ഏ ഞാൻ പലതരത്തിലുള്ള അറിവുണ്ടാകും അതിൻ്റെ ഒരു അറിവാണല്ലോ ഞാൻ ഇത്രയുള്ളൂ ഈ അറിവ് എങ്ങനെയുണ്ടാകുന്നു സാധാരണ ഇന്നത്തെ ആൾക്കാർ പറയും ഞാൻ അറിവെന്ന് പറയുന്നു ബ്രെയിൻ ഇന്ന പ്രവർത്തനം കൊണ്ടായിരിക്കും ഉണ്ടാവുന്നു കൂടുതൽ സാധ്യത അങ്ങനെയാ കാണും ഞാനൊന്നു പറയും ബ്രെയിൻ പ്രവർത്തിക്കുമ്പോ അറിവ് അഹോന്നുള്ളൊരു ബോധം ഉണ്ടാവുന്നു പക്ഷെ ഇവിടെ പറയുന്നത് അങ്ങനെയല്ല അഹമെന്ന് പറഞ്ഞങ്ങനെയല്ല ധർമ്മി താതാത്മ്യ അധ്യാസമാണ് ഈ അനുഭവം എന്ന് വെച്ചാൽ ആത്മാവും അനാത്മാവും തമ്മിലൊരു താതാത്മ്യം സംഭവിച്ചു താതാത്മ്യം സംഭവിച്ചു എന്ന് പറയാൻ കാര്യം എന്താണ് കാരണം മനുഷ്യൻ അഹം എന്ന് പറയുമ്പോൾ അവനറിയുന്നത് ഈ മൊത്തം ഈ ശരീരത്തെയാണ് ശരീരം മനസ്സ് ഇന്ദ്രിയങ്ങള് ഇതെല്ലാം കൂടെ ചേർത്ത് ഇതിലാണ് അഹമെന്ന് പറയുന്നത് അപ്പൊ അങ്ങനെ ഒരു അഹമെന്നുള്ള ഒരു ബോധം വരണമെങ്കിൽ ഒരു താതമ്യം സംഭവിക്കണം ശരീരമായിട്ട് എന്തിനു താതമ്യം സംഭവിക്കണം ഈ അഹമെന്നുള്ള ചൈതന്യം ഉള്ള ഈ ചൈതന്യമുള്ള ഇതിന്റെ പിന്നിലെ ഒരു സാധനമുണ്ട് അതിന്റെ പേരാണെന്ത് ആത്മാവ് ബ്രഹ്മം എന്ന് പറയും ആ ബ്രഹ്മത്തിന് എന്താണ് ശരീരത്തോടൊരു താതാത്മ്യം വന്നതാണ് ഈ വന്നതിന്റെ അടയാളമാണ് നമ്മുടെ ഈ അനുഭവം അഹ് എന്ന് പറയുന്നു ഇതാണ് ശങ്കരായ നിലപാട് ഇതിന്റെ പിന്നല്ല ഒരു ഉറച്ച ഒരു സാധനം വേണം എന്ത് ആത്മാവ് അതിന് ശരീരത്തോട് താതാത്മ്യം വരുമ്പോ ഞാനെന്നുള്ളൊരു അനുഭവം ഉണ്ടാകും ഇപ്പൊ ശരീരത്തോട് താതാത്മ്യം ഉണ്ടാകുമ്പോൾ ആ ബ്രഹ്മത്തിന് ശരീരത്തോട് താതാത്മ്യം ഉണ്ടാകുമ്പോൾ ജ്ഞാനെന്നുള്ള ഈ അനുഭവം എന്തുകൊണ്ടുണ്ടാകുന്നു ആ ബ്രഹ്മം എന്ന് പറയുന്നത് അത് അനുഭവ രൂപത്തിലുള്ളതാണ് അതാണ് സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മ ബ്രഹ്മാനെന്ന് പറയാൻ കാരണം അത് ജ്ഞാനമായതുകൊണ്ടാണ് അപ്പോൾ ജ്ഞാനത്തിന് ഈ ശരീരത്തിന്റെ പിന്നിൽ ഒരു സോഴ്സ് ഉണ്ട് ഒരു ഉറവിടമുണ്ട് ആ ഉറവിടം ജ്ഞാനമാണിതാണ് ശങ്കരാചാരുടെ ഉണ്ടാവുന്നത് ശങ്കരാചാര് മാത്രല്ല പറയുന്നത് പക്ഷേ ഈ രീതി ശങ്കരാചാര്യ മാത്രേ പറയുന്നു ജ്ഞാനെന്ന് പറയുന്നതിനൊരു അധ്യാസമായിട്ട് ശങ്കരാചാര്യർ മാത്രേ പറയുന്നു വേറെ ആരും പറയുന്നില്ല അങ്ങനെ അധ്യാസമാകുന്നതിന് പിന്നിൽ ഒരു ആത്മാവ് വേണം അത് അറിവാണ് എന്ന് പറയുന്ന ഒരു സിദ്ധാന്തം ഇത് പറയുന്നവരാണ് അപ്പൊ ഈ അഹത്തെ മനസ്സിലാക്കണമെങ്കിൽ ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ ഇതിന്റെ പിന്നിലുള്ള ഒരു റിവിനെ സ്വീകരിക്കണം ആ അറിവ് എങ്ങനെയുള്ള അറിവാണ് നിർഗുണ ദുരാകാരമായ ഒരറിവാണ് ഈ അറിവിന് ആകാരമുണ്ട് ഈ അറിവിന്റെ ആകാരം രൂപമുണ്ട് അതാണ് ഞാനെന്ന് പറയുന്ന ഒരു രൂപമാണ് അറിവിന്റെ രൂപമാണ് ഞാനെന്നറിയാം എന്റെ എന്നറിയാം നീ എന്നറിയാം അപ്പം അറിവിന് പല രൂപങ്ങളുണ്ട് പക്ഷെ രൂപമില്ലാത്തൊരറിവ് പിന്നിലുണ്ട് അത് അറിവാണ് അതെന്താണ് നിർഗുണ ാണ് അപ്പൊ ഇതിനൊക്കെ സിദ്ധാന്തപരമായി അംഗീകരിച്ചുകൊണ്ട് മുമ്പോട്ട് പോയാലും ഈ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവും മനസിലായോ ഇതെല്ലാം അദ്വീത സിദ്ധാന്തമാണ് അങ്ങനെ നമ്മൾ അംഗീകരിക്കും അപ്പൊ അത് അങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് എത്ര മാത്രം മനസ്സിലാക്കാൻ പറ്റുമോ അത്രയും മനസ്സിലാക്കുക ഇപ്പൊ ധർമ്മ ധർമ്മി താതാത്മ്യ അധ്യാസ മാത്രം കേവലധർമ്മി തദാത്മ്യ അധ്യാസമാണ് എന്ത് എന്ത് അഹം മമേ പറയുന്നു തലതിരിച്ചേ പറയത്തുള്ളു അഹം എന്ന് പറയുന്നത് അത് മമേത്തി അനുപാദിത ധർമ്മധ്യാസം അത് ധർമാധ്യാസത്തെ ഉണ്ടാക്കാതെ ധർമാധ്യാസം എന്താണ് മമ ഇതാണ് ധർമാധ്യാസം ഈ ശരീരത്തിൽ ഞാൻ എന്തു പറയുന്നു മമ എൻ്റെ ഇവിടെ ഇനി ഉദാഹരണം പറയും ഭാര്യ ഭാര്യയെ സംബന്ധിച്ച് ഭർത്താവ് എന്ത് പറയുന്നു എൻ്റെ പുത്രനെ സംബന്ധിച്ച് ഭർത്താവ് എന്തുപറയുന്നു അച്ഛനെന്തു പറയുന്നു എൻ്റെ അപ്പൊ അവിടെയൊക്കെ എന്തുവരുന്നു മമ എന്നുള്ള ധർമാധ്യാസം വരുന്നു അപ്പോ ഇപ്പോ എനിക്ക് ശരീരത്തിൽ അഹം എന്നുള്ള ഒരു അനുഭവം ഉണ്ടായി ഇതാണ് അധ്യാസം ഇത് തന്നെ അധ്യാസം അപ്പൊ അഹമെന്ന് എനിക്കിങ്ങനെ ഒരു ബോധം ഉണ്ടായെന്ന് വിചാരിച്ചെനിക്ക് ദുഃഖം ഉണ്ടാവും ഇല്ല ദുഃഖം ഉണ്ടാകുന്നൊക്കെ എന്റെ എന്നുള്ള ബോധം ഉണ്ടാവും എന്തുകൊണ്ട് എന്റെ ശരീരത്തിലുള്ളൊരു വേദന അപ്പൊ ഞാൻ പറയും എന്റെ ശരീരം വേദനിക്കുന്നു അപ്പൊ ധർമ്മി അധ്യാസം ദുഃഖത്തിന് കാരണമല്ല ദുഃഖത്തിന് കാരണമായിരിക്കുന്നത് എന്താണ് ധർമ്മ്യാസമാണ് ധർമ്മധ്യാസത്തിന് കാരണം എന്താണ് മമക്കാരൻ മമകാരൻന്ന് വെച്ചാൽ മമാന്നുള്ള അനുഭവം അതാണ് ഇവിടെ പറയുന്നത് മമയത്തി അനുപാദിതർമാധ്യാസം മമ എന്നാതെ എന്നർത്ഥം മമേതി മമ എന്നുള്ള അനുപാദിത ധർമാധ്യാസം എന്ന് പറഞ്ഞാൽ എന്താണ് ധർമ്മ്യാസത്തെ ഉണ്ടാക്കാതെ എന്നാ അനർത്ഥഹേതു അനർത്ഥഹേതു അല്ല ഏത് അഹം എന്ന് പറയുന്ന ധർമ്മ അതുകൊണ്ട് എന്തു ചെയ്യുന്നു പറയുന്നത് ധർമ്മാധ്യാസെ കുറിച്ചല്ല വിശദീകരിക്കുന്നു പിന്നെ എന്തിനെ കുറിച്ച് എന്തുകൊണ്ട് അത് പറയുന്നു ധർമാധ്യാസമുണ്ട് ധർമാധ്യാസം മമകാരം മമ എന്നുള്ള അനുഭവം സാക്ഷാത് അശേഷ അനർഥ സംസാര കാരണം അശേഷമായ സർവ അനർഥമാകുന്ന സംസാരത്തിന് കാരണമായിരിക്കുന്ന മമകാരമാണ് ധർമാധ്യാസമാണ് അത് ഉദാഹരണ പ്രപഞ്ചേന ഉദാഹരണങ്ങളിലൂടെ പറയുന്നു അതാണ് ആദ്യം പറയുന്നു ഇപ്പം ഇവിടെ ചോദ്യം ആദ്യം സംഭവിക്കുന്നത് ധർമ്മീയ അധ്യാസമാണ് പിന്നെയാണ് പക്ഷെ നിങ്ങളോട് എന്തു ചെയ്യുന്നു ആദ്യം ധർമാധ്യാസത്തെ പറയുന്നു അതെന്തുകൊണ്ട് അതിന് ഇത്തരം പറഞ്ഞു ധർമ്മീയാധ്യാസം കേവല ധർമ്മീയാധ്യാസം ദുഃഖത്തിന് കാരണമല്ല സംസാരത്തിന് കാരണം അല്ല ധർമാധ്യാസമാണ് അതുകൊണ്ട് ഏതാണോ ഇവിടെ പ്രശ്നമുണ്ടാക്കുന്നത് അതിനാദ്യം ചർച്ച ചെടിക്കുന്നു അതാണ് ധർമാധ്യാസം അതാണ് ഭാഷികാരം മലീത പുത്ര ഭാര്യാദിഷു വികലേഷു സകലേഷ വികലെന്നു വെച്ചത സകലോന്ന് വെച്ചാൽ പൂർണത പുത്രഭാര്യാദികളിൽ പുത്രൻ ഭാര്യ തുടങ്ങിയ വസ്തുക്കളിൽ വികലേഷ് സകലേഷ അത്യൂനമായിരിക്കുകയോ അല്ലെങ്കിൽ പൂർണ്ണമായിരിക്കുകയോ ചെയ്താൽ അഹമേവ വികലഹ ഇപ്പ ഭർത്താവ് വിചാരിക്കുകയാണ് ഭാര്യയ്ക്ക് എന്തെങ്കിലും ന്യൂനത സംഭവിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഭാര്യയ്ക്ക് രോഗം വന്നു ഭർത്താവ് വിചാരിക്കുന്നു അഹമേവ വികലഹ് എനിക്ക് കഷ്ടപ്പാട് വന്നു കഴിഞ്ഞ എന്നോട് പറഞ്ഞു എന്റെ ജീവിതത്തിൽ വലിയൊരു പ്രതിസന്ധിയിലൂടെ ഞാൻ കടന്നു പോവണതാണ് എന്റെ ഭാര്യക്കൊരു വല്ലാത്ത അസുഖം അപ്പൊ ഭാര്യയ്ക്ക് അസുഖമായി കഴിഞ്ഞാൽ താനിങ്ങനെ പ്രതിസന്ധിപ്പെടുന്നത് അതങ്ങനെ ഭാര്യയിലെ പ്രതിസന്ധിപ്പെടുന്നു പക്ഷെ ഇവിടെ എന്ത് ചെയ്യുന്നു ഭാര്യയുള്ളവനെന്ത് ചെയ്യുന്നു അവൻ പറയുന്നു അഹമേ വികലഹ എനിക്ക് ന്യൂനൽ സംഭവിക്കുന്നു എനിക്ക് തകരാർ സംഭവിച്ചു ഭാര്യയ്ക്ക് രോഗം വന്നപ്പോ എനിക്ക് തകരാർ സംഭവിച്ചു സകലോവാ ഭാര്യയുടെ അസുഖം മാറി ഇപ്പൊ പറയുന്നു സന്തോഷമായി എല്ലാം മാറി ഞാൻ പൂർണനായി സകലനായിന്നു ഇറങ്ങാൻ പൂർണനായി ഇപ്പൊ ഒരു പ്രശ്നമുണ്ട് ഭാര്യക്ക് അസുഖമായി എന്ന് പറയുന്നു ഇതുതന്നെ പുത്തനെ സംബന്ധിച്ചു പിതാവ് പുത്രനെ സംബന്ധിച്ച് പറയുന്നു അവൻ കഞ്ചാവ് വലിച്ചു കിടക്കുന്നു ഭയങ്കര ദുഃഖം അതാണ് എന്റെ ഏറ്റവും വലിയ പുത്ര ദുഃഖമാണ് ഏറ്റവും വലിയ ദുഃഖം അവൻ കഞ്ചാവ് വലിക്കുന്നു അപ്പൊ പുത്രൻ കഞ്ചാവ് വലിച്ചു കഴിഞ്ഞാൽ അച്ഛനു ദുഃഖം വരും പിതാവെന്ന് പറയുന്നു അഹമേവ വികലാ എനിക്ക് ന്യൂനത സംഭവിച്ചു എന്റെ സമാധാനം പോയി ഇനി കഞ്ചാവിലെ നിർത്തിയാൽ പറയുന്നു എനിക്ക് പ്രസ്തുതമായി പിതാവും ദേഹ താതാത്മ്യം ആത്മനി ആദ്യം ഒരാളെന്ത് ചെയ്യുന്നു ഗുരുത്തൻ വിഭർത്താവ് അല്ലെങ്കിൽ അച്ഛൻ ആദ്യം തന്റെ ദേഹത്തിന്റെ താതാത്മ്യം തന്റെ ദേഹത്തെ ആത്മാവിൽ ആരോപിക്കുന്നു എങ്ങനെ ദേഹത്തെ ആത്മാവിൽ ആരോപിക്കുന്നെങ്ങനെ ഞാൻ ആത്മാവിനെ ആരോപിക്കുന്ന എങ്ങനെയാണ് ഞാൻ തിരിച്ചു സംഭവിക്കുന്നുണ്ട് പക്ഷെ എങ്ങനെയെന്ന് ചോദിച്ചാൽ എന്റെ അനുഭവം ഞാൻ അത് ഞാനെന്നുള്ള ബോധം ദേഹത്തിലവാണ് ദേഹദാതാത്മ്യം അമ്മനെ ദശ്യ പുത്രാതിസ്വാമ്യം പിന്നെ ദേവധർമ്മത്തെ ആരോപിക്കും ദേവധർമ്മം എന്താണ് പുത്രകളത്രാതിസ്വാമിത്വം ഉടമസ്ഥത ഭാര്യയുടെ ഉടമസ്ഥനാണ് ഞാൻ മകന്റെ ഉടമസ്ഥനാണ് ഞാൻ അങ്ങനെ പുത്രേയും കളത്രത്തിന്റെയും സ്വാമിത്വം ഉടമസ്ഥതയെന്തി ചെയ്യുന്നു ദേഹത്തിൽ ആരോഗിക്കുന്നു കാരണം ഇവനെന്റെ പുത്രനാണെന്ന് പറയുമ്പോ ഞാനാരായി ശരീരം അപ്പൊ ശരീരത്തിന്റെ പുത്രനായിട്ടാണ് പുത്രനെ കാണുന്നത് ഇവളെന്റെ ഭാര്യയാണെന്ന് പറയുമ്പോ ഞാനാരായി ശരീരം ശരീരത്തിന്റെ ഭാര്യ ഉടമസ്ഥ ശരീരത്തിന്റെ ഭാര്യയായിട്ടാണ് ഭാര്യ കാണുന്ന അപ്പൊ ഉടമസ്ഥത എവിടെ വരുന്നു ശരീരത്തിലത്മാവിനെ കുറിച്ച് അറിവൊന്നുമില്ല ഇവൻ ആകെ ഉള്ള എന്താണ് ഏ അവൻ ആകെയുള്ളത് ഞാനെന്നുള്ള ബോധം ഞാൻ എന്നുള്ള ഒരു ബോധമേ ഉള്ളൂ അപ്പൊ ഞാൻ ഒരു ബോധമുള്ളത് കൊണ്ട് അവൻ ഈ ശരീരത്തിൽ ആരോപിച്ചിരിക്കുന്ന എന്തിനാ എന്തിനാ ശരീരത്തിൽ ആരോപിച്ചിരിക്കുന്ന ആത്മാന എന്നാണ് എന്ന ശരീരത്തിന്റെ ഭാര്യ ഭാര്യത്തിന് എന്റെ ശരീരത്തിന്റെ ഭാര്യ ശരീരം എന്നാൽ ശരീരത്തെ ഞാനൊണ്ട് ശരീരത്തിന്റെ ഭാര്യയാണ് ഭാര്യ എന്ന് അത് ശരീരവും ഭക്തനുമായിട്ടിരിക്കണം ഞാനെന്നുള്ള ഞാനെന്താ പറയുന്നത് സ്വാമി ഈശ്വരാണ് സകല സമ്പൂർണ്ണ എന്താണ് ആരോപിച്ചത് സ്വാമിത്വം ഉടമസ്ഥത ഈശ്വരത്വം എന്നൊക്കെ പറഞ്ഞ ഒരർത്ഥമാണ് അപ്പൊ പുത്രന്റെ ഉടമസ്ഥനാണ് ഞാൻ ഭാര്യയുടെ ഉടമസ്ഥനാണ് ഈ ഉടമസ്ഥത എവിടെ ആരോപിക്കുന്നത് ശരീരത്തിൽ കാരണം ശരീരം കൊണ്ടാണ് ഭാര്യ ശരീരം കൊണ്ടാണ് പുത്രൻ ഞാനെന്നുള്ള അനുഭവം ഉണ്ടെങ്കിൽ ജ്ഞാനെന്നുള്ള ബോധമാണ് പക്ഷെ അത് ധർമ്മി താതാത്മ്യമാണ് ധർമ്മിയുടെ അധ്യാസമാണ് ഈ ജ്ഞാനം എന്ന് പറയാനുള്ളത് അതുകൊണ്ട് പിന്നെ എന്തു ചെയ്യുന്നു ദേഹ താതാത്മ്യം ആത്മന്യ അധ്യസ്യ ഭർത്താവ് ആത്മാവിൽ അധ്യസിക്കുന്നു എന്നു പറഞ്ഞാൽ എന്താ അർത്ഥം നേരത്തെ പറഞ്ഞു എന്റെ അർത്ഥം ഞാനെന്നുള്ള ബോധത്തെ ദേഹ താതാത്മ്യത്തെ ആത്മാവിൽ അധ്യസി എന്ന് പറയുന്നതിന് ഞാൻ നേരത്തെ എന്താ പറഞ്ഞത് അഹം എന്നുള്ള ബോധം ഉണ്ടായിട്ട് എന്നുള്ള ബോധം ഉണ്ടായതിന് ശേഷം ദേഹധർമ്മം പുത്രകളത്രാദി സ്വാമ്യം പിന്നീട് എന്ത് ചെയ്യുന്നു ദേഹധർമ്മം ദേഹധർമ്മത്തെ ആരോപിക്കുന്നു എവിടെ ആത്മാ ദേഹധർമ്മം എന്താണ് പുത്രകളർത്താതി ഒരു ബോധം ഇന്ന് പുത്രകളർത്താതി സ്വാമ്യം എന്നുവച്ച സ്വാമിത്വം ഉടമസ്ഥത പുത്രകളത്രാദികളുടെ ഉടമസ്ഥതയെ ആത്മാവിൽ ആരോപിക്കുന്നു എങ്ങനെ മനസിലാക്കാം അങ്ങനെ ആരോപിക്കുന്നു വെറുതെ പറഞ്ഞാൽ മതി എങ്ങനെ മനസിലാക്കാം ഇയാള് പറയുന്നു ഭർത്താവ് പറയുന്നു എന്റെ ഭാര്യ അച്ഛൻ പറയുന്നു എന്റെ മകൻ അപ്പൊ അവിടെ ഞാനെന്നൊരു അധ്യാസം ഉണ്ടായി അതെന്തിന്റെ അധ്യാസമാണ് ആത്മാവ് ദേഹമായിട്ടുള്ള പിന്നെ പറയുന്നു എന്റെ മകൻ എന്റെ ഭാര്യ എന്ന് പറയുന്നത് എന്താ അധ്യാസമാണ് എന്തുതാണ് സ്വാമി തോടമസ്ഥത അധ്യസിക്കുന്നു എവിടെ അധ്യസിക്കുന്നു ഏ ആത്മാവിൽ ആത്മാവിൽ അധ്യസിക്കുന്നു ആരാ അധ്യസിക്കുന്നത് ഈ ധർമ്മി സംഭവിച്ചു കഴിഞ്ഞപ്പോ ആ ധർമ്മാധ്യാസം കൊണ്ടുവന്ന ആ ഞാൻ ആ ഞാൻ എന്തു ചെയ്യുന്നു പിന്നീട് ധർമാധ്യാസവും അവിടെ തന്നെ നടക്കുന്നു ഞാനിൽ തന്നെ എന്ത് നടക്കുന്നു ധർമാധ്യാസവും നടക്കുന്നു ധർമ്മം എന്ന് പറയുന്നത് തന്റെ ശരീരത്തിൽ വന്ന ഉടമസ്ഥത എന്നിട്ട് അദ്ധ്യസിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്റെ ഭാര്യ എന്റെ പുത്രൻ എന്ന് പറയുന്നു അറിയുന്നു പറയുന്നു അത് പറയുന്നത് അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നതിനാണ് വ്യവഹാരമെന്ന് പറയുന്നു ഞാനെന്നും എന്റെ ഈ അനുഭവം ഇതിനാണെന്തു പറയുന്നത് ഞാനെന്നും എന്റേതെന്ന് പറയുന്ന ഈ അനുഭവം ഇതിനെന്ത് പറയുന്നു അധ്യാസം എന്നിട്ട് ഞാനെന്നും എന്റെ സംസാരിക്കുക ഞാനെന്നും എൻറെ പലതരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യുക ഇതൊക്കെ എന്താണ് സൂഹിക്കുക ദുഃഖിക്കുക ഇതൊക്കെ വ്യവഹാരം അപ്പൊ അഹം എന്ന് പറയുന്ന ധർമ്മി ദാതാത്മ്യം മമ എന്ന് പറയുന്നത് ധർമ്മ ദാതാത്മ്യം അധ്യാസവും ദാതാത്മ്യവും ഒന്ന് അതാണ് പറയുന്നു ോപിക്കുന്നു ആത്മാവിനാരോപിക്കുന്നു ഏതുപോലെ ഉദാഹരണം പറയുന്നു കൃഷിവാദിപ കൃഷിത്വത്തിൽ ഇതാ സംഭവിക്കുന്നത് സ്വാമിത്വം എവിടെ വരുന്നു കൃഷിത്വം കൃഷി ശരീരനെന്ന് പറയും വെലിഞ്ഞ ശരീരം അപ്പൊ കൃഷിശരീരം എന്ന് പറയുന്നിടത്ത് എന്താണ് വരുന്നത് ആദ്യം അവിടെ ഒരു ധർമ്മി അധ്യാസം വരുന്നു അഹം ധർമ്മി അധ്യാസം ആത്മാവ് അനാത്മാവും തമ്മിൽ ദാദാഭിമംഗ് അഹം അനുഭവം ഉണ്ടാകുന്നു ധർമ്മിത അത് കഴിഞ്ഞ് പറയുന്നു മമകൃഷ്ത്വം എന്റെ കൃഷിത്വം എന്ന് പറഞ്ഞാൽ എന്താണ് അഹം എന്നുള്ള താതാത്മി ശരീരത്തിൽ വന്നു വന്നതിന് ശേഷം ആ ശരീരത്തിൽ എന്തുവന്നു മമകാരം വന്നു എന്റേത് ഈ മമകാരം വരുമ്പോൾ എന്തുന്നുരീര എന്റെ ശരീരം കൃഷമാണ് അപ്പൊ ഇതിനെന്താസെന്ന് പറയും അതാണ് ഇവിടെ ഉദാഹരണമായിട്ട് പറഞ്ഞത് കൃഷിത്വാദി വത് ആരോപ്യ കൃഷിത്വത്തെ എങ്ങനെയാണോ ആത്മാവിലാരോപിക്കുന്നത് അതുപോലെ പുത്രകളത്തിലാതി സ്വാമിത്വത്തെയും ആത്മാവിൽ ആരോപിക്കുന്നു പക്ഷെ പുത്രകളത്തിലാതി സ്വാമിത്വം എന്ന് പറയുന്നത് രണ്ടുപാധികളെ ആശ്രയിച്ചാവുന്നത് ഏതുപാധി ആണോ പുത്രകളത്രാതി ഭാര്യയും മകൻ ഭാര്യ മകൻ എന്ന് പറയുന്ന രണ്ടുപാധികളെ ആശ്രയിച്ചിട്ടാണ് എന്തു വന്നത് പുത്രകളത്രാതി സ്വാമിത്വം വന്നത് സ്വാഭാവികമാണ് പക്ഷെ ശരീരത്തിൽ കൃഷിത്വം വന്നതോ അങ്ങനെയാണ് അതിന് പുറമേ ഉപാധികളൊന്നുമില്ല ഈ ശരീരം തന്നെ ശരീരത്തിൽ താതാത്മ്യം വന്ന് അഹം വന്ന് വന്നപ്പോ എന്ത് ചെയ്യുന്നു ശരീരം കൃഷമാണ് അതുകൊണ്ട് കൃഷിത്വത്തെ അവിടെ ശരീരം ആത്മാവിനാരോപിച്ചു അപ്പൊ അവിടെ ബാഹ്യ ഉപാധികളൊന്നുമില്ല ശരീരം മാത്രമേ ഉള്ളൂ ശരീരത്തിൽ കൃഷിത്വം ഉള്ളത് കൊണ്ട് എന്തുന്നു ആത്മാവിൽ കൃഷിത്വത്തെ അതെങ്ങനെയാണോ അതുവരാണ് സ്വാമിത്വത്തെ ആരോപിക്കുന്നത് അപ്പൊ സ്വാമിത്വം ആരോപിക്കുന്നതും കൃഷിത്വത്വം ആരോപിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം എന്താണ് സ്വാമിത്വത്തെ ആരോപിക്കണമെങ്കിൽ ശരീരത്തിൽ നിന്ന് പുറത്തൊരു ഉപാധി വേണം ഭാര്യ അല്ലെങ്കിൽ പുത്രം വേണം ആവശ്യമയം കൃഷിത്വത്തെ ആരോപിക്കണമെങ്കിലോ ബാഹ്യ ഉപാധിയുടെ ആവശ്യം ബാഹ്യമായ ഉപാധിയുടെ അതാണ് അതിൻ്റെയൊക്കെ വ്യത്യാസങ്ങൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതാണ് പറയുന്നുള്ളാന്നാണ് കേട്ടിട്ട് കേൾവി ഇങ്ങനെയുണ്ട് അത്രേ ഉള്ളു അത് കൊള്ളാത കൊള്ളാ കൊള്ളാമെന്നായില്ല അത് ശ്രമം നടക്കുന്നേ ഉള്ളു അതുപോല ചിന്തിപ്പിക്കുന്ന കൃഷിത്വം എന്ന് പറയുന്നത് വേറെ ഉപാധിയുടെ ആവശ്യമില്ല ശരീരത്തിൽ എന്ത് വരുന്നു മമ ശരീര കൃഷ എന്ന് ചിന്തിക്കുന്നു എന്നറിയുന്നു കൃഷത്വം ഇവിടെ മമകാരം വരുന്നു കൃഷിത്വത്തിൽ എങ്ങനെയാണോ കൃഷിത്വത്തെ ശരീരത്തിലുള്ള ഒരു ധർമ്മത്തെ ആത്മാവിനാരോപിക്കുന്ന അതുപോലെ മറ്റൊരു ഉപാധിയിലൂടെ ഭാര്യ അല്ലെങ്കിൽ പുത്രൻ എന്ന് പറയുന്ന ഉപാധികളുടെ കൂടെ ഈ ശരീരത്തിൽ വന്ന് സ്വാമിത്വത്തെയും ആത്മാവൻ ആരോപിക്കുന്നു എന്നിട്ട് പറയുന്നു ഞാൻ ഭാര്യയുടെ കുടയവനാണ് പുത്രന്റെ കുടയവനാണ് അങ്ങനെയാണ് അങ്ങനെ ആ ധർമ്മീയധ്യാസവും ധർമ്മധ്യാസവും വ്യത്യാസത്തെ കാണിക്കുകയാണ് ഇങ്ങനെ അത്യാസം വന്നു കഴിഞ്ഞാൽ ക്രിസ്തുവാധിപ ക്രിസ്വാധിപത് ആരോപ്യ ഭാഷയത്തിൽ പറയുന്നു എന്ന് പറയുന്നു വികലേഷു സകലേഷ വികലമാകുക ന്യൂനത വരിക സകലമാവുക പൂർണമാവുക കഴിഞ്ഞാൽ എന്തുപറയുന്നു അഹമേയ വികലഹ ഞാൻ ായി എന്നിങ്ങനെ ബാഹ്യധർമാൻ ആത്മനെ അധ്യസ്ഥതി ബാഹ്യധർമ്മങ്ങളെയൊക്കെ എന്തു ചെയ്യുന്നു ആത്മാവിൽ അധ്യസിക്കുന്നു പുറമേ ധർമ്മങ്ങളെ ആത്മാവിൽ അധ്യസിക്കുന്നു അഹമേവലി സ്വാമ്യ സ്വാമി ഈശ്വര സകല സമ്പൂർണോ അതെങ്ങനെ സംഭവിക്കുന്നു പറയുന്നു സ്വസ്യാഗല്യം തന്റെ പൂർണത തൻ്റെ എന്താണ് ഇവിടെ തൻ്റെ എന്താണ് ഭാര്യ അതിന് പൂർണത വന്നു കഴിഞ്ഞാൽ അതാണ് പൂർണ്ണമായിരിക്കാന്ന് വെച്ചാൽ അവർ സുഖമായി സന്തോഷമായി സുസ്ഥമായി ഇരിക്കുക അങ്ങനെ ഇരുന്നുകഴിഞ്ഞാൽ സസ്യതലു സാഗീന സ്വാമി സാഗതജീ സ്വാമി ഞാനാണല്ലോ ഉടയൻ എനിക്കും എന്ത് വരുന്നു പൂർണത വരുന്നു ഭാര്യ സന്തോഷിച്ചാൽ ഞാനും സന്തോഷിക്കും മകൻ സന്തോഷിച്ചാൽ ഞാനും സന്തോഷിക്കും ഈ പഴയ ഗ്രന്ഥങ്ങളിൽ ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ പറയുമ്പോൾ ഭാര്യ സന്തോഷിച്ചാൽ ഞാൻ സന്തോഷിക്കും മകൻ സന്തോഷിച്ചാൽ ഞാൻ സന്തോഷിക്കും അവിടെ ഒരിടത്തും മകളുടെ കാര്യം പറയത്തില്ല പുത്രൻ തന്നെ പറയൂ പുത്രിന്ന് പറയത്തില്ല എന്തുകൊണ്ട് ആ പുത്രനാണെന്ന് ഡിമാൻഡുള്ളത് ഇന്നും പലയിടത്തും അങ്ങനെയൊക്കെ തന്നെ പുത്രനെ കുറിച്ചേ പറയത്തുള്ളു പുത്രൻ സന്തുഷ്ടനായ ഞാൻ സന്തുഷ്ട പുത്രിയുടെ സന്തോഷം പുത്രിക്ക് ദുഃഖമുണ്ടോ എന്ന് ചിന്തിക്കുന്ന പ്രശ്നമില്ല പുത്രി അന്ന് കരുതുന്ന ഒരു ഭാരമായിട്ടാണ് അപ്പോ പുത്രനാണ് ഡിമാൻഡ് പുത്രനെ കുറിച്ചാണ് എല്ലാ ശാസ്ത്രങ്ങളും എവിടെ എടുത്താലും ശരി എന്താണ് പുത്രനും എപ്പോഴും പ്രാധാന്യം കൊടുക്കും പുത്രിയെ പരാമർശിക്കത്തേ ഇല്ല എന്നാൽ പുത്രനും പുത്രി ഉണ്ടായ വംശപരമ്പര മുമ്പോട്ട് പോകത്തുള്ളു പുത്രൻ മാത്രം ഉണ്ടായാൽ പോകത്തില്ലല്ലോ പുത്രന് നാളെ പുത്രനൊരു പുത്ര വേണ്ടേ വേണമെങ്കിൽ എവിടെയെങ്കിലും ഒരു പുത്ര ഉണ്ടായല്ലേ പറ്റൂ അപ്പൊ പുത്രി ഇല്ലാതെ സന്തതി പരമ്പര ഉണ്ടാവത്തില്ല എന്നാലും പഴയ കാലത്ത് പുത്രിയെ കുറിച്ചുള്ള ഒരു വാക്ക് കിട്ടാൻ വളരെ പ്രയാസമാണ് എല്ലായിടത്തും ചർച്ച ചെയ്യുന്ന എന്തിനെ കുറിച്ച് സ്ത്രീ സ്ത്രീയെ ഗുണപരമായ ചർച്ചകൾ ഒരിടത്തും കാണത്തില്ല വളരെ അപൂർവമായി എവിടെയെങ്കിലും കാണും ആശയം ഗുണപരമായ ചർച്ചകൾക്കൊക്കെ എടുക്കുന്ന ആരെ പുത്രനെ പുരുഷാർത്ഥം എല്ലായിടത്തും ഇങ്ങനെ പുത്രനെ കുറിച്ച് മാത്രം സംസാരിക്കുന്ന പുത്രിയെ അവഗണിക്കുന്ന പുത്രിയെ ചർച്ചക്കേ പിന്നെ ഭാര്യയെക്കുറിച്ച് പറഞ്ഞേ പറ്റും കാരണം എന്താണ് ഭാര്യ ഉണ്ടെങ്കിൽ എന്തുണ്ടാവും പുത്ര ഉണ്ടാവും അതുകൊണ്ട് ഭാര്യയെക്കുറിച്ച് പറയണം പക്ഷെ പുത്രനെ കുറിച്ച് പറയുന്നുണ്ട് അപ്പൊ പുത്രിയെ പൂർണ്ണമായും വിസ്മരിച്ച് അവഗണിച്ചു പുത്രനെ കുറിച്ച് മാത്രം ചർച്ച ചെയ്യുന്നതിനാണ് എന്തു പറയുന്നത് സനാതനധർമ്മം ഏത് ഗ്രന്ഥപ്പെടുത്താതെ ഇതേ കാണാൻ പറ്റും ഇതിനാണ് സനാതനധർമ്മം എന്ന് പറയുന്നത് പുരുഷനെ കുറിച്ച് ചിന്തിക്കും ആണും പെണ്ണും ഇല്ലാതെ സന്താന പരമ്പരകൾ ഉണ്ടാകില്ല എന്നറിയാം അറിഞ്ഞാലും തനിക്കാരും മതി ഇപ്പോ ഒത്തിരി ഇനി വേറെ ആർക്കെങ്കിലും ആയിക്കോട്ടെ തനിക്ക് വേണ്ട അത് ബാധ്യതയാണെന്ന് ചിന്തിച്ചിരുന്ന ഒരു സമൂഹമാണ് പണ്ടുണ്ടായിരുന്നു മനസിലായ അതാണ് ആ കാര്യം കൂടി എടുത്തു പറയുന്നത് പാമതിയില്സ്യെന്ന് വെച്ചാൽ തന്റെ പുത്രൻ ഭാര്യ ഇതെല്ലാം ഖലു സാഗല്യൻ അതിന് പൂർണത വന്നു കഴിഞ്ഞാൽ സ്വാമ്യ സാഗല്യ സ്വാമിത്വം രമാനത്വത്തിനും പൂർണത എന്റേതിന് സന്തോഷം വന്നാൽ എനിക്കും സന്തോഷം വരും അതെന്റേതെന്ന് അറിയുമ്പോൾ അതിന് സന്തോഷം വന്നാൽ എനിക്ക് സന്തോഷം വരും സ്വാമി ഈശ്വര സകല സമ്പൂർണോഭൂതി അപ്പോ സ്വാമി ഈശ്വരൻ എന്തുവരുന്നു സകലനാകുന്നുവെച്ചാൽ സമ്പൂർണനാകുന്നു പൂർണനാകുന്നു എപ്പോൾ പൂർണ്ണനാകുന്നു തൻ്റേത് പൂർണമായാൽ താൻ പൂർണമാകുന്നു എന്റെ പുത്രൻ പൂർണനായാൽ ഞാൻ പൂർണ്ണനാകുന്നു എന്റെ ഭാര്യ പൂർണനായാൽ ഞാൻ ഈശ്വരൻ എന്ന് വെച്ച ഉടമസ്ഥൻ സ്വാമി ഞാൻ അർത്ഥം പറഞ്ഞിരിക്കുന്ന ഉടമസ്ഥൻ ഈശ്വരന്റെ അർത്ഥം അതിന് ഉടമസ്ഥൻ എന്ന് തന്നെ ഈശ്വരൻ നിന്ന് ദൈവത്തിനെ വിളിക്കുന്ന എന്തുകൊണ്ട് ആരടേ ആ ഈ പ്രപഞ്ചത്തിന്റെ താൻ ഉൾപ്പെടെയുള്ള എല്ലാ ജോലത്തിന്റെയും ഉടയൻ ഉടമ ഉടനായതുകൊണ്ടാണ് ഈശ്വരൻ പറയുന്നത് അതുപോലെ തന്നെ തഥാ സസ്യവൈകല്യനാ തൻ്റെ ന്യൂനതമുണ്ട് വൈകല്യം എന്ന് വെച്ച ന്യൂനത സസ്യ എന്ന് പറയുന്ന ആരുടെ പുത്രേയോ ഭാര്യയുടെയോ ന്യൂനത ഉണ്ട് സ്വാമി വൈകല്യ ഉടയവൻ ഉടയൻ എന്ത് വരുന്നു ന്യൂനത വരുന്നു സ്വാമിക്ക് അതുകൊണ്ട് സ്വാമി ഈശ്വരോ അവിടെ ഈശ്വരൻ എന്ത് ചെയ്യുന്നു വികലഹ അസമ്പൂർണ്ണ ന്യൂനനായിത്തീരുന്നു അപ്പൊ തൻ്റെതായ പുത്ര ഭാര്യാദികൾക്ക് എന്തെങ്കിലും വൈകല്യം വന്നു ന്യൂനത വന്നു തനിക്കും ന്യൂനത വരുന്നു തന്റെ ഭാര്യയ്ക്കും പുത്ര എന്താണ് സാകല്യം എന്ന് കഴിഞ്ഞാൽ പൂർണത വന്നു കഴിഞ്ഞാൽ തനിക്കും വരുന്നു അത് ഇതാണ് അഭ്യാസം ഈ സംഭവിക്കുന്നതാണ് പുത്രന്റെ കാര്യം പറയുമ്പോൾ അതൊക്കെ തന്നെ പണ്ട് പഴയകാലത്ത് ചിന്തിക്കാതൊക്കെയുള്ളു വേറെ ഒന്നുമില്ല യാഗങ്ങൾ ചെയ്യുക ദക്ഷിണ വാങ്ങിക്കുക കൊടുക്കുക അതുകൊണ്ട് ജീവിക്കുക ഇത്തരം ഇതിനപ്പുറമുള്ള കാര്യങ്ങളൊന്നും മനുഷ്യൻ ചിന്തിച്ചിട്ടേയില്ല കൂടുതലും ഇതൊക്കെ തന്നെയാണ് പിന്നെ എന്തെങ്കിലും ചെന്നണം കുടിക്കണം ഇതൊക്കെയുള്ളു പണ്ട് ചിന്തിക്കുന്നു പിന്നെ ഒരു സർഗത്ത് പോക്ക് അതൊക്കെ അതിനോട് അനുബന്ധിച്ച് അല്ല ഇവിടെ പറയുന്നങ്ങനെയല്ല െന്തു വരുന്നോണ്ടായിരിക്കുന്നു ആ അർത്ഥത്തിൽ പറയുന്നു അധ്യാസത്തെ കുറിച്ച് കാണും ഉപനിഷത്തിന്റെ കാര്യമില്ല ഈ പറയുന്നു അല്ല ഇപ്പൊ ഉപനിഷത്ത് പ്രാഗൃതം നാലോട് അല്ലെങ്കിൽ അങ്ങനെയുള്ള അനെന്താ തത്വചിന്താ കുറച്ചുപേര് തത്വചിന്ത ചെയ്തു കുറച്ചുപേര് യാഗം ചെയ്തു ഇവിടെ ഇപ്പൊ കുറച്ചുപേരൊന്നിതൊക്കെ ചർച്ച ചെയ്യുന്നു കുറച്ചുപേര് ഭരണം നടത്തുന്നു അതിനെന്താ എല്ലാം മനുഷ്യങ്ങനെയൊക്കെയാണ് പണ്ട് പഴയകാലത്ത് ഇങ്ങനെയാണ് കുറച്ചുപേർ യാഗങ്ങൾ ചെയ്തു കുറച്ചുപേരൊന്നും ഇങ്ങനെയൊക്കെ ചിന്തിച്ചു സമയമുള്ളവര് മടിയന്മാര്ന്ന് ചിന്തിച്ച് മറ്റുള്ളവർ പണിയെടുത്ത് ഇതെന്താ കുഴപ്പം പണ്ടിന്നൊക്കെ ഒരുപോലെ തന്നെ ഇത് കഴിഞ്ഞിട്ട് വല്ലതും ഞണ്ടണമെങ്കിലേ അടുക്കളയിൽ ആൾക്കാർ പണിയെടുക്കുന്നു മനസ്സിലായി അപ്പൊ പണിയെടുക്കാതെ ഇത് ഇത് കഴിയുമ്പം വിശക്കും ും പണിയെടുത്താല് അപ്പൊ അതിനും കുറച്ചാൾക്കാർ കാണും ഇപ്പോഴും പിന്നെ ഇതിനും കുറച്ചാൾക്കാർ കാണും അപ്പോൾ ഉപനിഷത്തെന്ന് പറയുന്ന ഒരു ഭാഗം കർമ്മങ്ങളെന്ന് പറയുന്നത് വേറൊരു ഭാഗം ഇതെല്ലാം പഴയ കാലത്ത് ഉണ്ടായിരുന്നായിരുന്നു ഇതിന് ആരാണ് മെച്ചമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ പറ്റും കാശുണ്ടാക്കണ്ടേ കാശുണ്ടാക്കുന്ന ഒരു മോശമാണ് ആണോ ആ പിന്നെ ഉപനിഷത്താണ് സനാതനധർമ്മവും മറ്റൊരു ധർമ്മവും എല്ലാം അതിശരിയാകുന്ന ധർമ്മമാണെങ്കിൽ ഇതൊക്കെ ധർമ്മമാണ് പിന്നെ ഗുണവും ദോഷവും പറയുകയാണെങ്കിൽ എല്ലാത്തിനുമുണ്ട് ഗുണവും ഉണ്ട് ദോഷമുണ്ട് അപ്പോ എന്തോ സസ്യവൈകല്യേന തന്റെ ന്യൂനത കൊണ്ട് സൗമ്യവൈകല്യ തന്നിലിരിക്കുന്ന സ്വാമിത്വത്തിന് ന്യൂനത തൻ്റെന്ന് പറഞ്ഞാൽ ഭാര്യപുത്രാദികൾ ന്യൂനത വന്നു കഴിഞ്ഞാൽ അത് അവരുടെ സ്വാമിത്വങ്ങളോ തന്നെയല്ലിരിക്കുന്നത് അപ്പം അതിൽ ന്യൂനത വരുന്ന അയ്യോ എൻ്റെ ഭാര്യ പോയേ എൻ്റെ മകൻ പോയേ അങ്ങനെ ഒരു ന്യൂനത വരും സ്വാമി ഈശ്വരവും വികലോ അസമ്പൂർണവും പോയി ബാഹ്യധർമ്മ ഈ വൈകല്യതേ സ്വാമി പ്രണാളികയാ സഞ്ചാരിതാ ശരീര ആത്മന്യതീച്ചറിയോട് പറഞ്ഞത് ചുരുക്കി പറയണം ബാഹ്യധർമാ ബാഹ്യധർമ്മങ്ങൾ എന്ന് പറയുന്നു ഇവിടെയാണ് ഉപാധികൾ എടുക്കുന്നത് ബാഹ്യധർമ്മങ്ങൾ എന്ന് പറയുന്നത് എന്താണ് ഭാര്യപുത്രാദികളിലുള്ള വൈകല്യങ്ങൾ ന്യൂനതകൾ ബാഹ്യധർമ്മങ്ങൾ ർമാ പുത്ര ഭാര്യാദികളിലുള്ള ന്യൂനതകൾ അതാണ് വൈകല്യം എന്ന് ആ ന്യൂനതകൾ അതാണ് ബാഹ്യധർമാഹ ഏ വൈകല്യദേഹ ന്യൂനതകൾ പൂർണതയും രണ്ടും സ്വാമ്യപ്രണാളികയാ സ്വാമിത്വം എന്ന് പറയുന്ന ഒരു വഴിയിലൂടെ മാർഗത്തിലുള്ള പ്രണാളിക വെച്ചാൽ മാറും സ്വാമിത്വം എന്ന് പറയുന്ന ഒരു മാർഗത്തിലൂടെ ശരീര സഞ്ചാരിതാഹാ ശരീരത്തിൽ എത്തിച്ചേർന്നിട്ട് സഞ്ചാരിതൊന്നു ചേർത്തിച്ചേർന്നിട്ട് ശരീരത്തിൽ എത്തിച്ചേരുന്നു എന്ത് ഏഷ്ട എന്താണ് എത്തിച്ചേരുന്നത് ശരീരത്തിന് പൂർണതയും പുത്രളത്രാദികളിലുള്ള ന്യൂനതയും പൂർണതയും തൻ്റെ ശരീരത്തിലെത്തിച്ചേരുന്നു ഏതിലൂടെ സ്വാമിത്വം എന്ന് പറയുന്ന ഒരു വഴിയിലൂടെ കാരണം ഞാൻ ചിന്തിക്കുന്നു അവരുടെ എന്റെ ഭാര്യയാണ് എൻ്റെ മോനാണെന്ന് ചിന്തിക്കുമ്പോൾ എന്നെ സ്വാമിത്വം വരുന്നു ആ സ്വാമിത്വം വരുമ്പോൾ എന്ന് വരുന്നു അവരിലിരിക്കുന്ന പൂർണ്ണതയും വഴി ഇതെല്ലാം ഈ സ്വാമിത്വത്തിലൂടെ എന്റെ ശരീരത്തി വന്നുചേരും മനസ്സിലായോ ഇതൊക്കെ ഇതിനെയൊക്കെ അറിയുന്ന കാര്യം പറയുകയാണ് അതൊക്കെ അറിവാണ് എൻ്റെ ഭാര്യ എന്നറിയുന്നു എൻ്റെ മകൻ എന്നറിയുന്നു അവൻ പൂർണനാണെന്നറിയുന്നു അവൾ പൂർണ്ണ എന്നറിയുന്നു അല്ലെങ്കിൽ അവൻ ന്യൂനതയുണ്ടെന്നറിയുന്നു അവളിൽ ന്യൂനതയുണ്ടെന്നറിയുന്നു അതെല്ലാം അതിൻ്റെ എല്ലാം ഉടമയാണ് ഞാനെന്നറിയുന്നു അപ്പം ആ ഉടമസ്ഥതയിലൂടെ ശരീര സഞ്ചാരിതാഹാ ശരീരത്തിലെ എത്തിച്ചേരുന്നെന്താണ് ആ ന്യൂനതയും പൂർണതയും ശരീരേ സഞ്ചാരിതാ സഞ്ചാരി താൻ അങ്ങനെ എത്തിച്ചേർന്ന താൻ അവ ഏത് ആ ബാഹ്യധർമ്മങ്ങൾ ബാഹ്യധർമ്മം ബാഹ്യ വസ്തുക്കളുള്ള ധർമ്മങ്ങൾ ആത്മനെ അധ്യസിക്കുക അങ്ങനെ എത്തിച്ചേർന്നിട്ട് എന്ത് പറയുന്നത് ശരീരത്തിൽ എത്തിച്ചേർന്നാൽ എന്തു ചെയ്യും ആത്മാവിൽ അധ്യസിച്ചിട്ടാണ് പറയുന്നത് അയ്യോ ഞാൻ പൂർണ്ണതയുള്ളവനാണോ അല്ലെങ്കിൽ എനിക്ക് നോനിച്ചു അപ്പം ഭാര്യയ്ക്ക് ദോഷം വന്നു കഴിഞ്ഞാൽ ഞാൻ എന്തു പറയും എനിക്ക് നഷ്ടം സംഭവിച്ചു പുത്രന് ലാഭം വന്നു കഴിഞ്ഞാൽ എന്തു പറയും എനിക്ക് ലാഭമുണ്ടായി അപ്പോൾ എന്നിൽ അവരുടെ സ്വാമിത്വം ഇരിക്കുന്നതുകൊണ്ട് ആ സ്വാമിത്വം ഇരിക്കുന്ന ശരീരത്തിലാണ് ആ സ്വാമിത്വം എന്ന് പറയുന്ന എൻ്റെ കൽപ്പനയിലൂടെ അവരിലിരിക്കുന്ന ന്യൂനതയും പൂർണ്ണതയും അതിലൂടെ സഞ്ചരിച്ച് എൻ്റെ ശരീരത്തിലെത്തിച്ചേരുന്നിട്ട് ആ ന്യൂനതയും പൂർണ്ണതയും എന്ത് ചെയ്യുന്നു നേരെ ആത്മാവിലേക്ക് ആരോപിച്ചിട്ട് ഞാൻ പറയുന്നു ഈ ആരോപിക്കുക എന്നൊക്കെ പറയുന്ന അറിവിനെ കുറിച്ച് പറയാണ് ഇതെല്ലാം അറിവില്ലാതെ സംഭവിക്കും ഇതെല്ലാം സംഭവിച്ചിട്ട് ഞാൻ എന്ന് പറയുന്നു അല്ല അവിടെ സഞ്ചരിച്ചൊന്നും ഇവിടെ വരുന്നില്ല മനസ്സിലായോ ഇതൊക്കെ അറിവ് ഇതിനെയൊക്കെ അറിയുമ്പോൾ എന്നിൽ സംഭവിക്കുന്നതാണ് അറിവ് എന്നിൽ സംഭവിക്കുന്ന അറിവിനാണെന്ന് പറയുന്നത് അയ്യോ ഞാൻ പൂർണനായി അല്ലെങ്കിൽ ഞാൻ ന്യൂനതയുള്ളവനായി എന്നറിയുന്നു ഇതാണ് അധ്യാസം ഈ അറിവ് തന്നെയാണ് അധ്യാസം പക്ഷെ ഇവിടെ ഇതിന് സ്വാഭാവികമായ അത്യാസം എന്തുകൊണ്ട് വാസ്തവത്തിൽ ഭാര്യയും പുത്രനുമൊക്കെ പുറത്തു കിടക്കയാണ് ഉപാധികളാണ് അതിന് സംഭവിച്ച കാര്യങ്ങൾ ഞാൻ ആദ്യം അതിൻ്റെയൊക്കെ സ്വാമിത്വത്തെ ഈ ശരീരത്തിൽ വെച്ച് കഴിഞ്ഞപ്പോൾ ആ സ്വാമിത്വം എന്ന് പറയുന്ന ഒരു വഴിയിലൂടെ എന്ത് ചെയ്തു ശരീരത്തിൽ വന്നിട്ട് പിന്നെ എന്ത് ചെയ്യുന്നു അതെല്ലാം ആത്മാവ് ഞാൻ ആരോപിക്കുകയാണ് എന്നുവെച്ചാൽ ഇതൊക്കെ ഇത്തരത്തിലുള്ള ഒരറിവ് തന്നിൽ സംഭവിക്കുന്നു എന്നായി പറയുന്നു അല്ല ഒന്നും ശരീരത്തിനും വരുന്നില്ല ഒന്നും ആത്മാവിനും പോകുന്നില്ല അവിടെ ഇങ്ങനെ അറിയുന്നു അറിഞ്ഞിട്ട് പറയുന്നു ഞാൻ പൂർണനായി ഞാൻ അസമ്പൂർണനായി എന്നിങ്ങനെ ചിന്തിക്കുന്നു ഇതാണ് അധ്യാസത്തിൻ്റെ വഴി ഇതിന് സ്വാഭാവികമായ അധ്യാസം പറയും മനസ്സിലായോ ശരി